ഓ വിശ്വാസികളെ ഭക്ഷണം തയ്യാറാകുന്നതുവരെ കാത്തുനിൽക്കാതെ അനുവാദം ലഭിച്ചാൽ മാത്രം നിങ്ങൾ മുഹമ്മദ് നബിസല്ലാഹ് അലൈവസല്ലമിയുടെ വീടുകളിൽ പ്രവേശിക്കുക എന്നാൽ നിങ്ങൾ ക്ഷണിക്കപ്പെട്ടാൽ പ്രവേശിക്കുക ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സംസാരത്തിനായി അവിടെ തങ്ങാതെ മടങ്ങിപ്പോവുക തീർച്ചയായും ഈ രീതി മുഹമ്മദ് നബി സല്ലാഹു അലൈവസല്ലമിയെ ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹം നിങ്ങളോട് ലജ്ജിച്ചിരുന്നു എന്നാൽ സത്യത്തിന്റെ കാര്യത്തിൽ അള്ളാഹു സുബാനഹുവച്ച ആല ലജ്ജിക്കുന്നില്ല നിങ്ങൾ അവരോട് ഭാര്യമാരോട് എന്തെങ്കിലും ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു മറക്കു പിന്നിൽ നിന്നുകൊണ്ട് ആവശ്യപ്പെടുക അത് നിങ്ങളുടെ ഹൃദയങ്ങൾക്കും അവരുടെ ഹൃദയങ്ങൾക്കും കൂടുതൽ പരിശുദ്ധിയുള്ളതാകും അള്ളാഹുവിൻറെ ദൂതനെ ഉപദ്രവിക്കാനോ അദ്ദേഹത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരെ വിവാഹം കഴിക്കാനോ നിങ്ങൾക്കനുവാദമില്ല തീർച്ചയായും അത് അല്ലാഹു സുബഹാനുഹൂവച്ചയാലയുടെ അടുക്കൽ വലിയ തെറ്റാകുന്നു